നിങ്ങൾ നിങ്ങളെത്തന്നെ കൊലപ്പെടുത്തുക അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്തു പോവുക എന്ന് നാം അവർക്ക് കൽപ്പിച്ചിരുന്നെങ്കിൽ അവരിൽ ചുരുക്കം ചിലർ ഒഴികെ മറ്റാരും അത് ചെയ്യുമായിരുന്നില്ല എന്നാൽ അവർക്കുപദേശിക്കപ്പെട്ട കാര്യങ്ങൾ അവർ ചെയ്തിരുന്നെങ്കിൽ അത് അവർക്ക് കൂടുതൽ ഗുണകരവും കൂടുതൽ സ്ഥിരത നൽകുന്നതുമാകുമായിരുന്നു